അനന്തരം ദീദ് ഇസ്രയേലിൽ നിന്ന് സകല വിരുദന്മാരുമായി മുപ്പതിനായിരം പേരെ കൂട്ടി വരുത്തി കെരുബുകളുടെ മീരെ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം ബാലെ യഹൂദയിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകല ജനവും അവിടേക്ക് പുറപ്പെട്ടു പോയി അവർ ദൈവത്തിന്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിൻമേലുള്ള അബിനാദാബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു അബിനാദാബിന്റെ പുത്രന്മാരായ ഉസ്സയും അഹിയോവും ആ പുതിയ വണ്ടി തെളിച്ചു കുന്നിൻമേലുള്ള അബിനാദാബിന്റെ വീട്ടിൽ നിന്ന് അവർ അതിനെ ദൈവത്തിന്റെ പെട്ടകവുമായി കൊണ്ടുപോരുമ്പോൾ അഹിയോ പെട്ടകത്തിന് മുമ്പായി നടന്നു ദാവിദും ഇസ്രയേൽ ഗ്രഹമൊക്കെയും സരള മരം കൊണ്ടുള്ള സകലവിധ വാതിത്രങ്ങളോടും കിന്നരം വീണ തപ്പ് മുരജം കൈത്താളം എന്നിവയോടും കൂടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു അവർ നാഖോന്റെ കളത്തിങ്കൽ എത്തിയപ്പോൾ കാള വിരണ്ടതുകൊണ്ട് ഉസ കൈനീട്ടി ദൈവത്തിന്റെ പെട്ടകം പിടിച്ചു അപ്പോൾ യഹോവയുടെ കോപം ഉസയുടെ നേരെ ജ്വലിച്ചു അവന്റെ അവിവേകം നിമിത്തം ദൈവം അവിടെ വെച്ച് അവനെ സംഹരിച്ചു അവനവിടെ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ അടുക്കൽ വെച്ച് മരിച്ചു യഹോവ ഉസയെ ഛേദിച്ച ഛേദം നിമിത്തം ദാവീദിന് വ്യസനമായി അവൻ ആ സ്ഥലത്തിന് പേരസ് ഉസ എന്ന് പേർ വിളിച്ചു അത് ഇന്നുവരെയും പറഞ്ഞുവരുന്നു അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടുപോയി യഹോവയുടെ പെട്ടകം എന്റെ അടുക്കൽ എങ്ങനെ കൊണ്ടുവരേണ്ടു എന്നവൻ പറഞ്ഞു ഇങ്ങനെ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ തന്റെ അടുക്കൽ വരുത്തുവാൻ മനസ്സില്ലാതെ ദാവീദ് അതിനെ ഗിത്യനായ ഒബേദ് ിൽ കൊണ്ടുപോയി വെച്ചു യഹോവയുടെ പെട്ടകം ഗിത്യനായ ഓബേദ് ഏതോമിന്റെ വീട്ടിൽ മൂന്നു മാസം ഇരുന്നു യഹോവ ഓബേദ്ദോമിനെയും അവന്റെ കുടുംബത്തെ ഒക്കെയും അനുഗ്രഹിച്ചു ദൈവത്തിന്റെ പെട്ടകം നിമിത്തം യഹോവ ഓബേദ് ഏതോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദീദ് രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് പുറപ്പെട്ടു ദൈവത്തിന്റെ പെട്ടകം ഓബേദോമിന്റെ വീട്ടിൽ നിന്ന് ദാവീദിന്റെ നഗരത്തിലേക്ക് സന്തോഷത്തോടെ കൊണ്ടുവന്നു യഹോബിയുടെ പെട്ടകം ചുമന്നവർ ആറ് ചുവട് നടന്ന ശേഷം അവനൊരു കാളയെയും തടിപ്പിച്ച കിടാവിനെയും യാഗം കഴിച്ചു ദാവീദ് പഞ്ഞുനൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ ശക്തിയോടെ യഹോവിയുടെ മുമ്പാകെ നൃത്തം ചെയ്തു അങ്ങനെ ദാവീദും ഇസ്രയേൽ ഗ്രഹമൊക്കെയും ആർപ്പോടും കാഹളനാഥത്തോടും കൂടെ യഹോവിയുടെ പെട്ടകം കൊണ്ടുവന്നു എന്നാൽ യഹോവിയുടെ പെട്ടകം ദാവിദിന്റെ നഗരത്തിൽ കടക്കുമ്പോൾ ഷൌലിന്റെ മകളായ മീഖൾ കിളിവാതിലിൽ കൂടി നോക്കി ദാവിദ് രാജാവ് യഹോവിയുടെ മുമ്പാകെ കുദിച്ച് നൃത്തം ചെയ്യുന്നത് കണ്ട തന്റെ ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു അവർ യഹോവിയുടെ പെട്ടകം കൊണ്ടുവന്ന് ദാവീദ് അതിനായിട്ട് അടിച്ചിരുന്ന കൂടാരത്തിന്റെ നടുവിൽ അതിന്റെ സ്ഥാനത്ത് വെച്ചു പിന്നെ ദാവീദ് യഹോവിയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു ദാവീദ് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും ർപ്പിച്ച് തീർന്ന ശേഷം അവൻ ജനത്തെ സൈന്യങ്ങളുടെ ഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പിന്നെ അവൻ ഇസ്രയേലിന്റെ സർവസംഘവുമായ സകല ജനത്തിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആളൊന്നിന് ഒരു അപ്പവും ഒരു കൃഷ്ണ മാംസവും ഒരു മുന്തിരിയടയും വീതം പങ്കിട്ടുകൊടുത്തു ജനമൊക്കെയും താൻ തന്റെ വീട്ടിലേക്ക് പോയി അനന്തരം ദാവീദ് കുടുംബത്തെ അനുഗ്രഹിക്കേണ്ടതിന് മടങ്ങിവന്നപ്പോൾ ഷൌലിന്റെ മകളായ മീഖൾ ദാവീദിനെ എതിരേറ്റുചെന്നു നിസ്സാരന്മാരിൽ ഒരുത്തൻ തന്നെത്താൻ അനാവൃതനാക്കുന്നതുപോലെ ഇന്ന് തന്റെ ദാസന്മാരുടെ ദാസികൾ കാണുക തന്നെത്താൻ അനാവൃതനാക്കിയ ഇസ്രയേൽ രാജാവ് ഇന്ന് എത്ര മഹത്വമുള്ളവൻ എന്നു പറഞ്ഞു ദാവീദ് മീഖളിനോട് യഹോവിയുടെ ജനമായ ഇസ്രയേലിനെ പ്രഭുവായി നിയമിപ്പാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവന്റെ സകല ഗ്രഹത്തിലും ഉപരിയായി എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന യഹോവിയുടെ മുമ്പാകെ അതെ യഹോവിയുടെ മുമ്പാകെ ഞാൻ നൃത്തം ചെയ്യും ഞാൻ ഇനിയും ഇതിലധികം ഹീനനും എന്റെ കാഴ്ചയ്ക്ക് എളിയവനും ആയിരിക്കും നീ പറഞ്ഞ ദാസികളാലോ എനിക്ക് മഹത്വമുണ്ടാകുമെന്ന് പറഞ്ഞു എന്നാൽ ശൌലിന്റെ മകളായ മീഖളിന് ജീവപര്യന്തം ഒരു കുട്ടിയും ഉണ്ടായില്ല